ധ്യായം നാല് അവൻ താമ്രം കൊണ്ട് ഒരു യാഗപീഠം ഉണ്ടാക്കി അതിന്റെ നീളം ഇരുപത് മുഴവും വീതി ഇരുപത് മുഴവും ഉയരം പത്തുമുഴവും ആയിരുന്നു അവൻ ഒരു വാർപ്പുകടലും ഉണ്ടാക്കി അത് വൃത്താകാരമായിരുന്നു അതിന് വക്കോടുവക്ക് പത്തുമുഴവും ഉയരം അഞ്ചു മുഴവും ചുറ്റും മുപ്പത് മുളം നൂലളവും ഉണ്ടായിരുന്നു അതിന്റെ കീഴെ ചുറ്റിലും കുമിഴുകൾ മുഴത്തിന് പത്തു വീതം കടലിനെ ചുറ്റിയിരുന്നു അത് വാർത്തപ്പോൾ തന്നെ കുമിഴുകളും രണ്ടു നിരയായി വാർത്തുണ്ടാക്കിയിരുന്നു അത് പന്ത്രണ്ട് കാളയുടെ പുറത്ത് വെച്ചിരുന്നു മൂന്ന് വടക്കോട്ടും മൂന്ന് പടിഞ്ഞാറോട്ടും മൂന്ന് തെക്കോട്ടും മൂന്ന് കിഴക്കോട്ടും തിരിഞ്ഞിരുന്നു കടൽ അവയുടെ പുറത്ത് വച്ചിരുന്നു അവയുടെ പൃഷ്ഠഭാഗമൊക്കെയും അകത്തോട്ട് ആയിരുന്നു അതിന്റെ കനം നാല് അങ്കുലവും അതിന്റെ വക്ക് പാനപത്രത്തിന്റെ വക്കുപോലെയും വിടർന്ന താമരപ്പൂ പോലെയും ആയിരുന്നു അതിൽ മൂവായിരം വെള്ളം കൊള്ളും അവൻ പത്തു തൊട്ടിയും കഴുകുന്ന ആവശ്യത്തിലേക്ക് അഞ്ച് വലത്തുഭാഗത്തും അഞ്ച് ഇടത്തുഭാഗത്തും വെച്ചു ഹോമയാഗത്തിനുള്ള സാധനങ്ങളെ അവർ അവയിൽ കഴുകും കടലോ പുരോഹിതന്മാർക്ക് കഴുകുവാനുള്ളതായിരുന്നു അവൻ പൊന്നുകൊണ്ട് പത്തുവിളക്കും അവയെക്കുറിച്ചുള്ള വിധിപ്രകാരമുണ്ടാക്കി മന്ദിരത്തിൽ വലത്തുഭാഗത്ത് അഞ്ചും ഇടത്തുഭാഗത്ത് അഞ്ചുമായി വെച്ചു അവൻ പത്തു മേശയും ഉണ്ടാക്കി മന്ദിരത്തിൽ വലത്തുഭാഗത്ത് അഞ്ചും ഇടത്തുഭാഗത്ത് അഞ്ചുമായി വെച്ചു അവൻ പൊന്നുകൊണ്ട് നൂറ് കലശവും ഉണ്ടാക്കി അവൻ പുരോഹിതന്മാരുടെ പ്രാകാരവും വലിയ പ്രാകാരവും പ്രാകാരത്തിന് വാതിലുകളും ഉണ്ടാക്കി കഥക് കൊണ്ട് പൊതിഞ്ഞു അവൻ കടലിനെ വലത്തുഭാഗത്ത് തെക്ക് കിഴക്കായിട്ട് വെച്ചു ഹോരാ കലങ്ങളും ചട്ടുകങ്ങളും കലശങ്ങളും ഉണ്ടാക്കി ഇങ്ങനെ ഹൂരാം ദൈവാലയത്തിൽ ഷലോമോൻ രാജാവിനുവേണ്ടി ചെയ്ത പണി തീർത്തു സ്തംഭങ്ങൾ രണ്ട് സ്തംഭങ്ങളുടെ തലയ്ക്കലുള്ള ഗോളാകാരമായ പോതികകൾ സ്തംഭങ്ങളുടെ തലയ്ക്കിലുള്ള പോതികകളുടെ ഗോളങ്ങളെ മൂടുവാൻ രണ്ടു വലപ്പണി സ്തംഭങ്ങളുടെ തലയ്ക്കലുള്ള പോതികകളുടെ രണ്ടു ഗോളങ്ങളെ മൂടുന്ന ഓരോ വലപ്പണിയിൽ ഈ രണ്ട് നിര മാതളപ്പഴമായി രണ്ടു വലപ്പണിയിലും കൂടെ നാനൂറ് മാതളപ്പഴം പീടങ്ങൾ പീടങ്ങളിന്മേൽ തൊട്ടികൾ കടൽ അതിന് കീഴെ പന്ത്രണ്ട് കാള കലങ്ങൾ ചട്ടുകങ്ങൾ മുൾക്കൊളുത്തുകൾ എന്നീ ഉപകരണങ്ങളൊക്കെയും ഖൂരാം ആബി മിനുക്കിയ താമ്രംകൊണ്ട് യഹോവയുടെ ആലയത്തിനുവേണ്ടി ശലോമൻ രാജാവിന് ൊടുത്തു യോർദാൻ സമഭൂമിയിൽ സൂക്കോത്തിനും സെരേദാഥയ്ക്കും മധ്യേ കളിമണ്ണുള്ള നിലത്തു വെച്ച് രാജാവ് അവയെ വർപ്പിച്ചു ഇങ്ങനെ ശലോമോൻ ഈ ഉപകരണങ്ങളൊക്കെയും ധാരാളമായി ഉണ്ടാക്കി താമ്രത്തിന്റെ തൂക്കത്തിന് നിശ്ചയമില്ലായിരുന്നു ശലോമോൻ ദൈവാലയത്തിലെ ഉപകരണങ്ങളൊക്കെയും പൊന്നുകൊണ്ടുള്ള പീഡവും കാഴ്ചയപ്പം വയ്ക്കുന്ന മേശകളും അന്തർമന്ദിരത്തിന് മുമ്പാകെ നിയമപ്രകാരം കത്തേണ്ടതിന് നിർമ്മലമായ തങ്കം കൊണ്ടുള്ള നിലവിളക്കും ദീപങ്ങളും പൊന്നുകൊണ്ട് സാക്ഷാൽ നിർമ്മലമായ തങ്കം കൊണ്ടു തന്നെ പുഷ്പങ്ങളും ദീപങ്ങളും ചവണകളും തങ്കം കൊണ്ടുള്ള കത്രികകളും കലശങ്ങളും തവികളും പീച്ചട്ടികളും ആലയത്തിന്റെ വാതിലുകൾ അതിവിശുദ്ധ മന്ദിരത്തിലേക്കുള്ള അകത്തെ കഥകളും മന്ദിരമായ ആലയത്തിന്റെ കഥകുകളും പൊഞ്ഞുകൊണ്ട് ആയിരുന്നു